പുരാഹയഗ്രീമഹസുരേണോദ്യ അകൽപ്പദ്രോന്മുക്കുഖാഷ വേദേശത്തിസ മത്സ്യ ധൃതമാല നദിയില് സത്യവർദ്ധൻ എന്ന രാജാവ് ജലതർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കയ്യിലൊരു കൊച്ചുമത്സ്യം വന്നു വീണു ഇയാളാണ് അടുത്ത കൽപ്പത്തിൽ ശ്രാദ്ധദേവമനും ഈ സത്യവ്രതൻ സത്യവർദ്ധൻ എന്നുള്ളതുപോലും കാരണ പേരായിരിക്കാം പ്രിയവർത്തൻ സത്യവർത്തൻ ഇതൊക്കെ ഭാഗവതത്തില് കാണുന്ന പേര് സത്യത്തിനെ കണ്ടെത്തണം എന്നു വ്രതമെടുത്തിരിക്കുന്നവൻ പ്രായണ ഭക്തിമാർഗത്തില് പോകുന്നവരെ പ്രിയവർത്തൻ എന്നും ജ്ഞാനമാർഗത്തിൽ പോകുന്നവരെ സത്യവർത്തൻ എന്നും പറയാം ഭക്തിമാർഗത്തിൽ പോകുന്നവർക്ക് പ്രിയം ഭഗവാനെ പ്രിയമായി ഭജിക്കാം ജ്ഞാനമാർഗത്തിൽ പോകുന്നവർക്ക് ഭഗവാൻ സത്യം ഒരിക്കലും മാറാത്ത വസ്തു ആ സത്യത്തിനെ കണ്ടെത്തണം എന്ന് വ്രതമെടുത്തിരിക്കാം ആ വ്രതമെടുത്താൽ പിന്നെ ബാക്കിയുള്ളതൊന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല അതാണ് സത്യവ്രതന്റെ ലക്ഷ്യം ലക്ഷണം പിന്നെ ഗുരു ഭഗവാനെ ഗുരുരൂപത്തിൽ വരും അങ്ങനെയുള്ള സത്യവ്രതം കൃതമാല നദിയില് ജലതർപ്പണം ചെയ്യാണ് കൃതമാല ഇപ്പൊ തമിഴില് വൈകൈ എന്നാണ് പ നദിക്ക് പേര് വൈകൈ ആറ് അതില് തർപ്പണം ചെയ്യുമ്പോ കയ്യിലൊരു കൊച്ചു മത്സ്യം വന്ന് വീണു ആ മത്സ്യത്തിനെ വെള്ളത്തില് ചാടി വീണതായിരിക്കുമെന്ന് വിചാരിച്ച് വെള്ളത്തില് വിടാൻ പോയി അപ്പൊ ആ മീന് വർത്തമാനം പറഞ്ഞു ആ മീന് പറഞ്ഞു രാജാവെ എന്നെ വെള്ളത്തിലാക്കരുത് ഇവിടെയുള്ള വലിയ മീനുകളെ എന്നെ ഭക്ഷിച്ചളയും ഇപ്പൊ രാജാവ് കമണ്ടലുവിലിട്ട് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ആശ്രമത്തിൽ പോകുമ്പോഴേക്കും കമണ്ടലും നിറഞ്ഞു വലിയ മീനായി അപ്പൊ അവിടെ ഒരു വലിയ പാത്രത്തിലിട്ടു അതും നിറഞ്ഞു തടാകത്തിലിട്ടാൽ തടാകം നിറഞ്ഞു സരസിലിട്ടാൽ സരസ് നിറഞ്ഞു അവസാനം സമുദ്രത്തിൽ കൊണ്ട് ചെന്നാക്കി എന്നിട്ട് രാജാവ് പറഞ്ഞു ഇത് സാധാരണ മത്സ്യമല്ല അങ്ങ് നിശ്ചയം ഭഗവാനാണ് നൂനം ത്വം ഭഗവാൻ സാക്ഷാദ് ഹരി നാരായണോ വ്യയ അനുഗ്രഹായ ഭൂതാനം ദൂപം ജലൗകസാം അങ്ങ് സാക്ഷാത് നാരായണനാണ് എന്തിനാണിപ്പോ ഈ അവതാരം എടുത്തിരിക്കണത് ചോദിച്ചു അപ്പൊ ഭഗവാൻ അപ്പോഴും ഉദ്ദേശം പറഞ്ഞില്ല ഭഗവാൻ പറഞ്ഞു ഏഴാമത്തെ ദിവസം പ്രളയം വരും ഭൂമിയൊക്കെ ജലം കൊണ്ട് മൂടപ്പെടും അപ്പോ ഈ ലോകം മുഴുവൻ വെള്ളം വിഴുങ്ങുമ്പോ ഒരു തോണി വരും ആ തോണിയില് അടുത്ത കൽപ്പത്തിലേക്ക് വേണ്ട വിത്തുകളൊക്കെ ശേഖരിച്ച് അങ്ങ് കയറിയിരിക്കാം ഋഷികൾ ആ തോണിയിലുണ്ടാവും അപ്പൊ ഞാൻ വരും ഈ രൂപത്തിൽ തന്നെ മത്സ്യമായിട്ട് വരും ഒരു കൊമ്പ് എനിക്കുണ്ടാവും വാസുകിയെ കയറായി ഉപയോഗിച്ച് നിങ്ങളുടെ തോണിയെ എന്റെ കൊമ്പിൽ കെട്ടാം അപ്പൊ ഞാൻ നിങ്ങളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോവാം അങ്ങയ്ക്ക് എന്തൊക്കെ സംശയമുണ്ടോ അതൊക്കെ എന്നോട് ചോദിച്ചോളാം എല്ലാറ്റിന്റെയും ഉത്തരം വിവൃതം ഹൃദി ഉള്ളിൽ ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞു വരും അങ്ങയ്ക്ക് ഞാൻ ഉത്തരം പറയണം എന്നൊന്നുമില്ല അങ്ങയുടെ ഉള്ളിൽ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തെളിഞ്ഞു തെളിഞ്ഞു വരും ഇങ്ങനെ പറഞ്ഞു ഭഗവാൻ മറഞ്ഞു അതേപോലെ ഏഴാമത്തെ ദിവസം പ്രളയം സർവവും അസ്തമിക്കുന്നു എല്ലാത്തിനെയും മെഴുങ്ങുന്ന പെരുവെള്ളം അപ്പൊ ഇത് വാസ്തവത്തിൽ പ്രളയമൊന്നുമല്ല ഒരു ഇന്ദ്രജാല പ്രകടനം അത്രയുള്ളൂ ഒരു മാജിക് ഷോ ഭഗവാന്റെ വക ഒരു ഇന്ദ്രജാലം ശീതരാചാര്യരെ അങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് വാസ്തവ പ്രളയമല്ല എന്തിനാ ഈ പ്രളയം രാജാവിന് കാണിച്ചതെന്ന് ഗുരുവിന്റെ കൃപ ചിത്രകേതുവിന് ജ്ഞാനം ഉപദേശിക്കുന്നതിന് ഒരു വഴി കണ്ടുപിടിച്ചത് എന്താ ഒരു കുട്ടിയെ ജനിപ്പിക്കാൻ അനുഗ്രഹിച്ചു എന്നിട്ട് കുട്ടി മരിക്കണതും കണ്ടു അപ്പൊ വൈരാഗ്യമുണ്ടായി അനിത്യമാണ് അതേമാതിരി സത്യവ്രതന് ഈ ലോകം അനിത്യമാണ്ന്ന് അറിയാനായിട്ട് മുമ്പിലുള്ളത് മുഴുവൻ നശിച്ചു പോണതായിട്ട് ഭഗവാൻ പ്രകാശിപ്പിച്ചു ഉള്ളത് മുഴുവൻ പ്രളയം വന്ന് നശിക്കുന്നതായിട്ട് കാണിച്ചു കൊടുത്തു അപ്പോഴേ ഈ ജീവന് വൈരാഗ്യം വരുള്ളൂ അല്ലെങ്കിൽ ഈ ജീവൻ എവിടെയെങ്കിലുമൊക്കെ പിന്നെയും പോയി നുഴയാ നിന്നുകൊണ്ടിരിക്കും സർവവും നശിച്ചു അനിത്യം അസുഖം എന്ന് കണ്ടാൽ ഒരു ചില ജീവനൊക്കെ ഈശ്വരനോട് ആമുഖ്യം വന്നു എന്ന് വരാം അത്ര എളുപ്പത്തിലൊന്നും ഭഗവാൻ മാത്രം സത്യം എന്ന് തോന്നില്ല സപ്താഹം കേട്ടാലേ തോന്നുന്നില്ല എന്നിട്ട് അപ്പോഴും പിന്നെയും എവിടെ നുഴയാനുണ്ടാവുമെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുക സപ്താഹത്തിൽ വരുന്നതിന്റെ ഉദ്ദേശമേ അങ്ങനെ വലതുമായിരിക്കും അപ്പോ ഇത് മുഴുവൻ നശിക്കുന്നതായിട്ടും പ്രളയം വരുന്നതായിട്ടും കാണിച്ചു കൊടുത്തു രാജാവ് ഇതേപോലെ തന്റെ ഈ തോണി ശരീരം തന്നെ തോണി അതിൽ ഇന്ദ്രിയങ്ങളൊക്കെ ഋഷികളാണ് ഋഷിക്കുന്ന ഇന്ദ്രിയങ്ങൾക്കും പേരുണ്ട് ജിജ്ഞാസുവിന് ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവത് ആര് നിശ്ചയിച്ചോ പിന്നെയുള്ള അങ്ങനെയുള്ള ആളെ ഒരിക്കലും ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെടുത്താനൊക്കെ ഇല്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നിശ്ചയിക്കുന്നതാണ് പ്രാധാന്യം ഈ മനുഷ്യന് കഴിവുണ്ടോ ഇല്ലയോ അയാൾ ശുദ്ധനാണോ അശുദ്ധനാണോ നല്ല ആളാണോ ചിത്തയാളാണോ അതൊക്കെ സെക്കൻഡറി ചിലപ്പോ വളരെ നല്ല ആളായിരിക്കും ജീവിതത്തിന്റെ ലക്ഷ്യം ഈശ്വരപ്രാപ്തിയൊന്നും അല്ലെങ്കിൽ അയാൾ എപ്പോ വേണമെങ്കിൽ പതിച്ചു പോവാം കാരണം അയാൾക്ക് എങ്ങോട്ട് പോകണം എന്നറിയില്ല അയാൾ ധർമ്മിഷ്ഠനായിരിക്കും ജപൻ ചെയ്യും അമ്പലത്ത് പോകും പക്ഷെ ഒന്നിനും ലക്ഷ്യം ഈശ്വരനൊന്നുമല്ല ഇതൊക്കെ ചെയ്താൽ ഇവിടെ കുറെ സുഖമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ചെയ്യണത് അപ്പൊ എന്താവും പതിച്ചു പോകും നേരെ മറിച്ച് അഭിജയത്ത് ദുരാചാരനാണെങ്കിൽ പോലും ലക്ഷ്യം ഈശ്വരനാണെന്ന് അറിയാണെങ്കിൽ ക്ഷിപ്രം ഭവതി ധർമാത്മാ ശത് ശാന്തിയും നികച്ചതി ഇതാണ് ജീവിത നിയമം ബുദ്ധി കൊണ്ട് നമ്മളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ അംഗീകരിക്കണോ അതിനനുസരിച്ച് ജീവിതത്തിന്റെ എല്ലാം പരിഭാഗപ്പെട്ടു വരും ജീവിതത്തിന്റെ ലക്ഷ്യം ലൗകികമാണെങ്കിൽ ഒക്കെ അസ്തമിച്ചു പോകും എന്തൊക്കെ ധർമ്മവും സദ്ഗുണങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ അവസാനം കൈവിടും ഒരു ധർമ്മവും നമ്മളെ രക്ഷിക്കില്ല ജീവിത ലക്ഷ്യം പരമാത്മ സാക്ഷാത്കാരം അല്ലെങ്കിൽ ഇപ്പൊ രാജാവിന് അത് ലക്ഷ്യമായതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ തന്നെ കൂട്ടായി തുറങ്ങും ശരീരമാവുന്ന അത് കഴിഞ്ഞപ്പോ ഭഗവാനോട് പല ബ്രഹ്മവിദ്യ വിഷയകമായ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു എല്ലാറ്റിനും ഭഗവാൻ ഉത്തരം പറഞ്ഞു എങ്ങനെയെന്ന് വെച്ചാൽ ഹൃദയത്തിലായിരുന്നു പുറത്തു നിന്നല്ല പുസ്തകത്തിൽ നിന്നോ വായു കൊണ്ടോ അല്ല ചോദിക്കുന്ന ചോദ്യത്തിന് ഉള്ളെന്ന് തന്നെ ഉത്തരം ഇത് കിട്ടിയപ്പോ രാജാവ് മത്സ്യരൂപിയായ ഗുരുവിനെ സ്തുതിച്ചു മത്സ്യരൂപിയായിട്ടുള്ളത് സദ്ഗുരു ജ്ഞാനിയായ ഗുരു ഗുരുവിന്റെ കാരുണ്യത്തിനെ ചിന്തിച്ച രാജാവ സ്തുതിച്ചു അനദ്യ വിദ്യോപതാത്മസംവിദ തന്മൂല സംസാരപരിശ്രമാരാ യോപൃതായു വിമുക്തി പരമോ ഗുരുർഭവാൻ ജനോ അബുധോയം നിജകർമ്മനസുച്ഛാ കർമ്മ സുഖം യത്സേവയാധുനോത്തി അസന്മതിം ഗ്രന്ഥിം സഭിന്ധ്യ ഹൃദയം സനോ ഗുരു മത്സ്യാവതാരം അതിന്റെ പ്രാമുഖ്യം വളരെ വിരളമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണോ മത്സ്യാവതാരം ഗുരുവാണ് മത്സ്യാവതാരത്തിൽ ഭഗവാനെ ഗുരുവായിട്ടാണ് സ്തുതിക്കുന്നത് സംസാരമാവുന്ന സമുദ്രത്തിൽ വഴി കാണിക്കണമെങ്കിൽ മത്സ്യം തന്നെ വേണം മെയിൻ റോഡാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ മാപ്പ് നോക്കി റൂട്ട് കണ്ടുപിടിക്കാം വഴിയിലുള്ളവരോട് ചോദിക്കാം ഒരു ലെയ്ഡൌട്ട് പാത്ത് ഉണ്ടാവും സമുദ്രത്തിലേത് റൂട്ട് ആകാശത്തിലേത് റൂട്ട് ആകാശത്തിൽ പറക്കണമെങ്കിൽ പക്ഷി വേണം സമുദ്രത്തിൽ പറക്കണമെങ്കിൽ സമുദ്രത്തിൽ സഞ്ചരിക്കണമെങ്കിൽ മത്സ്യം വേണം അപ്പൊ ആകാശത്തിലൂടെ പറക്കണ ഒരു പക്ഷി ഭാഗവതം ചൊല്ലുമ്പോ സമുദ്രത്തിലൂടെ പോകുന്ന ഒരു മത്സ്യം നമ്മുടെ വഴി കാണിക്കും സുഖബ്രഹ്മ മഹർഷിയും ഒരു പക്ഷി അതുകൊണ്ടാണ് പക്ഷിയായിട്ട് വെച്ചത് പക്ഷിയെ പോലെ ഒരു ഗുരു മത്സ്യത്തിനെ പോലെ ഒരു ഗുരു അപ്പൊ ഏത് വഴിയിലൂടെ കരകയറ്റം അവർക്കേ അറിയുള്ളൂ ആ റൂട്ട് അല്ലാതെ ഇന്ന റൂട്ട് എന്നൊന്നുമില്ല അത് ഗുരുവിനെ അറിയണ മാർഗം അപ്പൊ അങ്ങനെ ഗുരുവായിട്ട് ഭഗവാൻ അതുകൊണ്ടാണ് മത്സ്യമായിട്ട് വന്നത് ഇവിടെ ഹയഗ്രീവൻ വേറെ ആരുമല്ല അജ്ഞാനം അഹങ്കാരം വേദത്തിനെ അപഹരിച്ചുകൊണ്ടുപോകുന്നത് അജ്ഞാനമാണ് അജ്ഞാനമാണ് വേദത്തെ ഇല്ലാതാക്കുന്നത് ആ അയഗ്രീവനെ വധിച്ച് ജ്ഞാനസ്വരൂപമായ വേദത്തിനെ വീണ്ടെടുത്തു തരാൻ ഗുരുവാവുന്ന മത്സ്യത്തിനെ പറ്റുകയുള്ളൂ അപ്പൊ ഗുരുവായിട്ടുള്ള ഭഗവാനെ സ്തുതിക്കുന്നത് അനാദി അവിദ്യോപഹതത്മ സംവിത സംവിന്ന് ജ്ഞാനം സംവിത്ത് എന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനമില്ലാത്തവർ ആരുമേ ഇല്ല എല്ലാവരുടെ ഉള്ളിലും ജ്ഞാനമുണ്ട് ഭഗവാൻ എല്ലാവരുടെ ഹൃദയത്തിലുമുണ്ട് പക്ഷേ അനാദികാലമായിട്ട് ഉപഹതം മറയ്ക്കപ്പെട്ടിരിക്കണമെന്നാണ് അനാദി അവിദ്യോപഹത്ത് ആത്മസംവിത ആത്മജ്ഞാനം എല്ലാവരുടെ ഹൃദയത്തിലും ഉണ്ട് പക്ഷെ മറയ്ക്കപ്പെട്ടിരിക്കണം അതിന്റെ പരിണത ഫലം എന്താണ് മറയ്ക്കപ്പെട്ടതുകൊണ്ട് തന്മൂലം സംസാര പരിശ്രമ ആതുരാഹ സംസാരത്തിലുള്ള പരിശ്രമമേ പരിശ്രമം ആതുരന്മാരായി തീർന്നിരിക്കുന്നു വ്യാധി പിടിച്ചിരിക്കണൂ എന്നാണ് മനുഷ്യൻ അജ്ഞാനം കൊണ്ട് പരിശ്രമിച്ച് പരിശ്രമിച്ച് വട്ടം കറങ്ങി വട്ടം കറങ്ങി സംസാര ചക്രം അല്ലെ ജയന്റ് വീൽ സർക്കസിലെ എന്താ എക്സിബിഷനിലൊക്കെ വരും വലിയ ചക്രം മറ്റുള്ളവർ കയറി ചുറ്റണത് കാണാൻ നല്ല രസമാണ് എവിടെയെങ്കിലും ഏടാകൂടത്തിന് നമുക്കൊന്ന് കയറണം എന്ന് തോന്നിയാൽ ആദ്യം ഒരു പകുതി ദൂരം പോണേ വരെ സുഖമായിരിക്കും പിന്നെ മേലെ പോയി രണ്ട് ചുറ്റു ചുറ്റിയിട്ട് എടുത്ത് തലകീഴായിട്ടൊന്ന് മറിക്കും അപ്പോഴാണ് വേണ്ടി കിടന്നില്ല എന്ന് തോന്നണം സംസാര പരിശ്രമാരാ ഭഗവാനെ വ്യാധി പിടിച്ചിരിക്കണമെന്നാണ് യതിർച്ചയേഹോ സദ്ഗുരുവിന്റെ ദർശനം ഏതോ എതിർച്ച പോലെ തോന്നുന്നു എത്രയോ ജന്മങ്ങളായി ചുറ്റിക്കറങ്ങിയിരിക്കുന്ന ജീവന് കറങ്ങി കറങ്ങി കറങ്ങി കറങ്ങി വാസനകളൊക്കെ ക്ഷയിച്ച് തീവ്രവൈരാഗ്യം ഏർപ്പെട്ട് ലൗകികത്തിലിരിക്കുമ്പോ ലോകത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇവന് അപരിചിതരായിട്ട് തീരും ഒരു ഘട്ടത്തിലെത്തുമ്പോ അതായത് അവര് പറയണ ഭാഷയൊക്കെ വേറെ ഇവന്റെ ഭാഷയോ വേറെ ഇവന് ഭഗവാൻ സത്യം വൈരാഗ്യം വിവേകം ജ്ഞാനം ഭക്തി ശാന്തി എന്നിരിക്കുമ്പോ അവര് ലോകം പണം കല്യാണം കുട്ടികള് ബന്ധുക്കള് വീട് എന്നുള്ളതേ സത്യമായിട്ട് അതിൽ രമിച്ചുകൊണ്ടിരിക്കും അതിനെക്കുറിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ആളുകളുടെ നടുവിൽ പെട്ടിട്ടുള്ള ഈ ജീവനെ എങ്ങനെയെങ്കിലും വഴി കരകയറണം അപ്പൊ എങ്ങനെയാ സ്ഥിതി എന്ന് വെച്ചാൽ ഒരു മുത്തശ്ശി ഇവിടുന്ന് മകനെ കാണണം പറഞ്ഞിട്ട് സ്വിറ്റ്സർലാൻഡിൽ പോയി സ്വിറ്റ്സർലാൻഡിൽ പോയിട്ട് സിറ്റിയില് എവിടെയോ വഴി തെറ്റിയിട്ട് കുടുങ്ങിപ്പോയി ആ അമ്മയുടെ സ്ഥിതി എങ്ങനെയുണ്ടാവും ഒരു ഭാഷയും അറിയില്ല ആരും അറിയില്ല നമ്മുടെ നാടല്ല ഒരാൾ തിരിഞ്ഞു നോക്കണില്ല നടുറോട്ടിൽ തലയിൽ കൈവെച്ചിരുന്ന് കരയണം ആരുടെ അടുത്ത് പറഞ്ഞാലും ഇവരുടെ ഭാഷ അവർക്ക് മനസ്സിലാവണില്ല അവരുടെ ഭാഷ അവർക്ക് മനസ്സിലാവും ഇതാണ് സാധകന്റെ സ്ഥിതി ഇയാളുടെ അവസ്ഥ എന്താ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവും സാധാരണ ജനങ്ങൾക്ക് പരസ്പരമുള്ള ഭാഷ ഇവന് മനസ്സിലാവില്ല അവിടെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് തലയിലടിച്ച് കരയുമ്പോൾ ആരോ വന്ന് പുറകെ വന്ന് തട്ടി തട്ടി നോക്കുമ്പോൾ നമ്മളുടെ നാട്ടിലേ ഉള്ള ഒരാള് അവിടെ ജോലിക്ക് പോയ ആളാണ് എന്താ മുത്തശ്ശി ഇവിടെ ഇരുന്ന് കരയണോ എങ്ങനെയുണ്ടാവും ആശ്വാസം ഒരു മകന്റെ അടുത്ത് ഞാൻ കൂട്ടിക്കൊണ്ടു പോവാം എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുമ്പോ എത്ര ആശ്വാസം ഉണ്ടാവും എത്ര ഒരു ലൗകികമായ ഒരു എക്സാമ്പിൾ പറക്കും അതുപോലെ അനേക ജന്മങ്ങളായി ചുറ്റിത്തിരിഞ്ഞ ഈ ജീവൻ സംസാരത്തിലോ പെട്ടു അല്ല ഗതിയില്ലാതെ എങ്ങോട്ട് പോകുമെന്ന് അറിയാതെ അവസാനം ഈ ജീവന് തോന്നി തുടങ്ങും തനിക്കും ഭ്രാന്താണോ എന്താന്ന് വെച്ചാൽ തന്നെ പോലെ ചിന്തിക്കുന്നവരാരും ഇവിടെ കാണാനില്ലേ എല്ലാം പരസ്പരം ഭ്രാന്തക്കൾക്ക് ഭ്രാന്ത് ശരിയായിരിക്കും വേറെ വിപരീതമായിട്ടൊരു ഭ്രാന്ത് എന്നാണ് ഭ്രാന്ത് എല്ലാം പരസ്പരം പറഞ്ഞാൽ പണത്തിനെ കുറിച്ചുള്ള പരസ്പരം ഉണ്ടെങ്കിൽ അങ്ങടും ഇങ്ങടും അത് നന്നായിരിക്കും കല്യാണത്തിനെക്കുറിച്ച് കുട്ടികളെക്കുറിച്ച് ബന്ധുക്കളെ കുറിച്ച് രാഗം ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും അതിന്റെ ഇടയിൽ ഒരുത്തൻ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഇതെന്താ ഇപ്പോഴേ ഇന്നലെ വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അത് ഭ്രാന്ത മുദ്രടിക്കപ്പെടും തലയിലെ സ്റ്റിക്കർ ഒട്ടിക്കും അവര് അയാൾക്ക് തലയ്ക്ക് വെട്ടാണ് എന്താന്ന് വെച്ചാൽ ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ചും നിങ്ങൾ ഇല്ലാന്നാണ് ഇല്ലാത്തൊരു വസ്തുവിനെ നേടാൻ പോകും പണം ഉണ്ട് സുഖങ്ങൾ ഉണ്ട് കീടുണ്ട് പേര് പുകഴൊക്കെ ഉണ്ട് ഈശ്വരൻ ഇല്ലല്ലോ ആരും കണ്ടിരിക്കും പിന്നെ അമ്പലത്തിൽ പോണതും പൂജ അതൊക്കെ എല്ലാരും ചെയ്യുമ്പോ നമ്മളും ചെയ്യണം നാടോടുമ്പോ നടുവിലോടണം അതിനുവേണ്ടി ഞങ്ങളൊക്കെ പോകും പക്ഷെ വാസ്തവത്തിൽ ഈശ്വരനൊക്കെ വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടുത്തെ ജീവിതമൊക്കെ വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ അപ്പൊ അത് ഭ്രാന്തല്ലേ അപ്പൊ അങ്ങനെയുള്ള ജീവിതത്തിൽ എല്ലാവർക്കും അവനവനെ പോലെ ഭ്രാന്തുള്ള ഒരാളെ കിട്ടിയ ആശ്വാസമായിരിക്കും അപ്പൊ അതുപോലെ ഈ സാധകന് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോ അതിനൊരേ മരുന്ന് കണ്ടെത്തിയ ആളാര ഗുരു പൈത്തിയം പത്രി പയനറും എനക്കുൻ പദമുറും അറുമറും തരുൾവായി പൈത്തിയമറുന്താരുണ പർവത ഉരുപെറും പരനേ നമ്മുടെ മഹർഷി അരുണാചലേശ്വരനോട് ഹൃദയമൊരുക്കി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എനിക്ക് പൈത്യം പൈത്യം എന്ന് വെച്ചാൽ ഭ്രാന്ത് പൈത്തിയം പത്രി Padamurum arumarund പദമുറും അരുമരുത് അരുളവായി എനിക്ക് മരുന്ന് bhagavad എന്നാണ് എന്തു മരുന്നാന്ന് വെച്ചാൽ ഭഗവത് പ്രാപ്തി പ്രാപ്തിയാവുന്ന olir പൈത്തിയ മരുന്തായി പാർ ഒളിർ അരുണപർവത ഉരുപെറും പരനേ പൈത്തിയത്തിനു മരുന്നായിട്ട് ഭ്രാന്തിനു മരുന്നായിട്ട് ഈ സംസാരത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന Sadguru എന്നാണ് സദ്ഗുരുസ്വരൂപമായിട്ട് samsara സംസാരവ്യാധിക്കുള്ള മരുന്ന് സദ്ഗുരുവാണ് എതിർച്ചയേഹോ പസൃതാം ഇപ്പൊ ആ സ്വിറ്റ്സർലാൻഡിൽ കരഞ്ഞുകൊണ്ടിരുന്ന മുത്തശ്ശിയുടെ മുമ്പിൽ എതിർച്ചയാ വന്നു നിന്നില്ലേ അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ സംസാരത്തിൽ പെട്ടു വരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവന് എതിർച്ചയാ സദ്ഗുരുവിനെ മുമ്പിൽ കാണുമ്പോ അങ്ങനെ ഒരു ആശ്വാസം യതിർച്ചയേഹോ പസൃതായുഹോ paramo ഗുരു guru ഗുരു എന്ത് ചെയ്യുന്നു വിമുക്തിദ വിമുക്തി എന്ന് വെച്ചാൽ അതാണ് ആശ്ചര്യം ഈ ജീവൻ പലവട്ടം പല രീതിയിൽ പ്രവർത്തിച്ചു നോക്കും ലൗകികത്തിൽ സുഖമായിട്ടിരിക്കാൻ ആദ്യം പരിശ്രമിക്കും കുറേ പരീക്ഷിച്ച് പരീക്ഷിച്ച് മനസ്സിലായി ലൗകികത്തിൽ ശാശ്വതമായി സുഖമില്ല പിന്നെ അധ്യാത്മമാർഗത്തിൽ വന്നിട്ടും പറഞ്ഞു ഇവരിത് പറഞ്ഞു എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കും ഹടയോഗം ചെയ്യും മറ്റേ യോഗം ചെയ്യും മറ്റേ മറിച്ച് യോഗം ചെയ്യും സാധനകൾ ചെയ്യും എല്ലാം പരിശ്രമിച്ച് പരിശ്രമിച്ച് ആതുരാഹ മതിയായി ഉദ്ധവര് പറയണു ഭഗവാനോട് അവസാന ഉദ്ധവര് ഭഗവാനോട് പറയണു പ്രായശ पुंडरीकाक्ष, യോഗിനോ യുഞ്ചതോ മനഹ വിശീദന്തി അസമാധാനാൻ മനോനിഗ്രഹ കർഷിതാഹാ ഭഗവാനെ യോഗികളെ ഞാൻ ഒരുപാട് പേരെ കണ്ടു പല സാധനങ്ങളും അനുഷ്ഠിച്ച് മനസ്സിനെ ക്ലേശിപ്പിച്ച് ക്ലേശിപ്പിച്ച് കർഷിതാഹ കൃഷന്മാരായിരിക്കും എന്താന്ന് വെച്ചാൽ ശരിയായ ഗുരുവിനെ കണ്ടെത്താനുള്ള സമയമാവണവരെ ഈ ജീവൻ ഇങ്ങനെ ക്ലേശിക്കും ക്ലേശിച്ച് ക്ലേശിച്ച് സദ്ഗുരുവിന്റെ അടുത്ത് എത്തുമ്പോ ഒരേ ഒരു വാക്ക് അത്രയേ ഉള്ളൂ സാധന ഈ ജീവൻ എങ്ങനെ പക്വമായോ അത് ഗുരുവിനോ ആശ അറിയുള്ളൂ ഭഗവാനെ അറിയുള്ളൂ ഏതോ പക്വതയിൽ സദ്ഗുരുവിന്റെ അടുത്ത് എത്തണു വാക്ക് മഹാവാക്യ ഉപദേശത്തോടുകൂടെ തന്നെ ഈ ശിഷ്യൻ പൂർണം പ്രാപിക്കേണ്ടത് കയ്യിൽ കിട്ടി കിട്ടേണ്ടത് കയ്യിൽ കിട്ടി സാധന കൊണ്ടല്ല ഉപദേശം കൊണ്ട് കൃപ കൊണ്ട് അതാണ് കൊണ്ട് കിട്ടുന്നത് പൂർണ്ണം അത് കർമ്മം കൊണ്ട് കിട്ടണതല്ല കർമ്മം കൊണ്ട് കിട്ടണത് കൂലി കൃപ കൊണ്ട് കിട്ടണത് പൂർണ്ണം ഭഗവാന്റെ കൃപ കൊണ്ട് കിട്ടണത് സാധന ചെയ്ത് കിട്ടിയതല്ല അത് പരിപൂർണ്ണം വിമുക്തിദോ നരമോ ഗുരുഭവാൻ ഭഗവാനെ അവിടുന്ന് വിമുക്തിയെ അങ്ങനെ എടുത്തു തരണോന്ന് സദ്ഗുരു പ്രഭു അപ്പൊ കൃപ കൊണ്ട് മുക്തിയെ ബ്രഹ്മജ്ഞാനത്തിനെ അതോടെ എടുത്തു തരും വിമുക്തിദോന പരമോ ഗുരുഭവാൻ ജനോ അബുധോയം നിജകർമ്മബന്ധന ബുധൻ അബുധൻ ബുധൻ വെച്ചാൽ അറിവുള്ളത് അബുധൻ എന്നുവെച്ചാൽ അറിവില്ലാത്ത അറിവില്ലാത്ത ഈ മനുഷ്യര് സുഖം സുഖം എന്ന് കരുതി ദുഃഖത്തിനെ മാത്രം തരുന്ന വസ്തുക്കളിൽ ചെന്ന് വീണുകൊണ്ടേയിരിക്കുന്നു സുഗച്ഛയാ കർമ്മസമീഹത്തെ അസുഖം ഒട്ടകത്തിന് മുള്ളു ഇഷ്ടമാണ് മുള്ളു കടിക്കും തോറും നാക്കുപൊട്ടി ചോര വരും എന്നാലും മുള്ളു തിന്നും അത്രയും അസുഖം ഭഗവാന്റെ കൃപ കൊണ്ട് ബുദ്ധി തെളിഞ്ഞ് ഗ്രന്ഥി ഗ്രന്ഥി എന്ന് വെച്ചാൽ അഹങ്കാരം എന്നർത്ഥം ഹൃദയഗ്രന്ഥി ചിത്തിനെയും ജടത്തിനെയും കൂടെ കൂട്ടിക്കെട്ടുന്ന ഗ്രന്ഥി അഹങ്കാരം ആ അഹങ്കാരത്തിന്റെ കെട്ടുപൊട്ടിച്ച് ആത്മാനുഭവത്തിന് തരുന്ന ഗുരുവിന് നമസ്കാരം അചക്ഷു അചക്ഷുരന്ത യഥ്രണീ കൃത ജനസ അവിദുഷ അബുധോ ഗുരു ഗുരുവിനെ സ്വീകരിക്കുന്നത് മാത്രം വളരെ ജാഗ്രതയായിരിക്കണം അത് എന്താ ലക്ഷണം എന്ന് വെച്ചാൽ ശിഷ്യവിത് ശിഷ്യനെ നല്ലവണ്ണം അറിയുന്നവനായിരിക്കണം വിത് എന്ന് വെച്ചാൽ അറിയുള്ളു പിന്നെയോ താപഹാരി ശിഷ്യന്റെ സംസാര താപത്തിനെ ഹരിക്കുന്നവനായിരിക്കണം എന്നാണ് ശിഷ്യവിദ് ശിഷ്യ താപഹാരി ഇതാണ് ഗുരുലക്ഷണം അല്ലെങ്കിലോ അരകുറയാണെങ്കിലോ ഇതിനെ രണ്ടിനെയും കൂടെ ഒന്ന് ചെയ്യണം ഈ രണ്ട് വാക്കുകളിലും ശിഷ്യവിത് താപഹാരി ചേർത്താലോ ശിഷ്യ വിത്താപഹാരി ശിഷ്യ വിത്താപഹാരി എന്നാണ് ശിഷ്യന്റെ വിത്തത്തിനെ അപഹരിക്കണവൻ ഗുരവോ ബഹവത്സന്ധി ശിഷ്യവിത്താപഹാരിണ എന്നാണ് പാക്കറ്റിന് എത്ര കണ്ട് ഘനവും ഉണ്ട് നോക്കിയിട്ട് വേണം ഉപദേശിക്കാൻ എന്നാണ് അങ്ങനെയുണ്ട് അങ്ങനെ ഒരു ഗുരു കുറെ അന്വേഷിച്ചു നടന്നു ശിഷ്യന്മാരാരെങ്കിലുമൊക്കെ നല്ല ശിഷ്യന്മാരായിട്ട് കിട്ടണം ഇപ്പൊ നാട്ടിൽ ഉള്ളവത്തിൽ വലിയ ബംഗ്ളാവായിട്ട് നോക്കി അവിടെ ചെന്നു അദ്ദേഹം സന്യാസികളെ കണ്ടാൽ ബഹുമാനിക്കുന്ന ആളാണെന്ന് കണ്ട് പോയി അദ്ദേഹം വളരെ ഭക്തിയോടെ കാല് കഴുകി വിളിച്ചു അകത്തു കൊണ്ടുപോയി നല്ല പട്ടുമെത്തയിൽ ഇരുത്തി സ്വാമി എന്തെങ്കിലും പറയൂ സ്വാമി ഒരു മൂന്ന് മണിക്കൂർ അദ്ദേഹത്തിന് കുറെ ഉപദേശങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞിട്ട് സംഭാവന സംഭാവനയ്ക്കാണ് വന്നത് സംഭാവന വെത്തല പാക്ക് പഴം സ്വാമിക്ക് ഒരു കൗബീനവും ഒന്നേകാലം ഓർപ്പയും വീട് ബംഗ്ലാപം കൊടുത്തു വീടിരിക്കുന്നത് വലിയ ബംഗ്ലാവം ഇത് എന്താ അങ്ങനെയെന്ന് വെച്ചു അല്ല ദക്ഷിണ സാധാരണ ഒന്നേകാൽ ഉറപ്പിയ കൊടുക്കാം ഇയാൾ വിചാരിച്ചു ബംഗ്ലാവ് വീട് വലിയ വീടായിട്ടുണ്ട് ഒരു ആയിരത്തൊന്ന് ഉറുപ്പ എങ്കിലും ചുരുക്കം തരുന്ന് വിചാരിച്ചതാ അപ്പോഴാണ് ആള് വലിയ വീട് ബംഗ്ലാവൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിലും കൈ നീളില്ല എന്നാണോ കൊടുക്കാൻ അപ്പൊ ഇങ്ങനെ ഗുരുക്കന്മാര് ശിഷ്യന്മാരെ പിടിക്കാനും ശിഷ്യന്മാര് ഗുരുക്കന്മാരെ പിടിക്കാനും രാമകൃഷ്ണ പരമംസര് പറയും അരകുറയായ ശിഷ്യനോരകുറയായ ഗുരു അചക്ഷുഹു അന്തസ്ത യഥാഗ്രണീഹീകൃത കണ്ണില്ലാത്തവൻ കണ്ണില്ലാത്തവൻ വഴി കാണിക്ക എങ്ങനെയാവും എന്ന് വെച്ചാൽ വെള്ളപ്പാമ്പിന്റെ വായിൽ കുടുങ്ങിയ പോക്കാച്ചി തവളയെ പോലെ ആകും ഈ തവളക്കൊട്ട് വായി തുറന്നിട്ട് പാമ്പിനെ വെളിയിൽ വിടാൻ പറ്റില്ല പാമ്പ് തവളയുടെ തവളക്ക് പാമ്പിന്റെ വായിന്ന് പുറത്ത് ചാടാൻ വയ്യ എന്താന്ന് വെച്ചാൽ വായ ചെറുതാണ് തവള വലുതും വായിൽ കുടുങ്ങിക്കഴിഞ്ഞു എന്നാൽ പാമ്പിനോട്ട് തവളയെ മുഴുങ്ങാനും വയ്യ അതിനുള്ള ശക്തിയുമില്ല ഇതുപോലെ ഗുരുവും കഷ്ടപ്പെടും ശിഷ്യനും കഷ്ടപ്പെടും അപ്പൊ എന്താ വഴി സാധകന്മാർക്ക് ആരംഭത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ശരണാഗതി ചെയ്യണമല്ലോ ആരെ ആശ്രയിക്കും എന്ന് വെച്ചാൽ അതിനാണ് ഇവിടെ ഒരു നല്ല ഒരു വഴി കാട്ടി സർവേശ്വരനെയെ ഗുരുവായിട്ട് സങ്കല്പിക്കാം എന്നിട്ട് മുഖ്യഗുരു ഉപഗുരു എന്ന് രണ്ടുണ്ട് ജ്ഞാനഗുരു മുഖ്യഗുരു അതായത് നമുക്ക് ഏത് സന്നിധിയിലാണോ പരിപൂർണമായ ബ്രഹ്മാനുഭവം ഏർപ്പെടുന്നത് ആ സന്നിധി ജ്ഞാനഗുരു അങ്ങനെയുള്ള ഗുരു നമുക്ക് പൂർണ്ണ ഗുരു ശരണാഗതി അവിടെ നമസ്കാരം അവിടെ എല്ലാം അവിടേക്ക് ഉപഗുരുക്കന്മാർ അനേകം ഉണ്ടാവാം നമുക്ക് ഏകാദശ സ്കന്ധത്തില് ഭാഗവതത്തില് അവതൂതന അനേകം ഗുരുക്കന്മാര് പോലെ നമുക്കൊക്കെ ഉപഗുരുക്കന്മാർ അനേകം ഉണ്ടാവാം മന്ത്രോപദേശിക്കുന്ന ഒരു ഗുരു ഏതെങ്കിലും ശാസ്ത്രം പഠിപ്പിക്കുന്ന ഗുരു കുറച്ച് കുറച്ച് പല മാർഗനിർദ്ദേശങ്ങൾ തരുന്ന ഗുരുക്കന്മാര് ഇങ്ങനെയൊക്കെ അനേകം ഉണ്ടാവാം അവർക്കൊക്കെ ഓരോ നമസ്കാരം കൊടുക്കാം ബഹുമാനം കൊടുക്കാം പക്ഷെ അവരെ ആശ്രയിച്ചുകൊണ്ട് അവരുടെ പുറകെ നടന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യവുമില്ല അവരെന്തെങ്കിലുമൊക്കെ വഴി തെറ്റിപ്പോയാലും നമുക്ക് ഒരു കുഴപ്പവും വരാനില്ല അവരുടെ അടുത്ത് ഒരു കടപ്പാടുമില്ല ലോകത്തിലെ അനേകം ഗുരുക്കന്മാരിൽ നിന്നും നമുക്ക് വഴി ഗ്രഹിക്കാം അവരോട് കടപ്പാടില്ല കടപ്പാട് നമുക്ക് മുഖ്യ ഗുരുവിനോട് അടുത്ത് മാത്രം മുഖ്യഗുരു ആരാ ഭഗവാൻ മുഖ്യഗുരു ജ്ഞാനഗുരുവായ സർവേശ്വരനെ തന്നെ ജ്ഞാനഗുരുവായ ഉള്ളിലെടുത്താൽ ഒരിക്കലും ഒരു കുഴപ്പവും വരില്ല അപ്പോ അങ്ങ് ഞങ്ങൾക്ക് ഗുരു സത്യവ്രതൻ അതാണോ പറയണത് ഭഗവാനെ അവിടുന്ന് ഗുരു അല്ലാതെ ആരെങ്കിലും ഒക്കെ ഗുരുവാക്കി എടുത്തിട്ട് അചക്ഷുഹു അന്ധസ് യഥാഗ്രണീഹി കൃത ഇപ്പൊ എത്ര ഗുരുക്കന്മാർ ആ ഗുരുക്കന്മാർക്ക് നഷ്ടമേ ഇല്ല എവിടെ വേണമെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കാലരടി വീണ ഏതെങ്കിലും ഗുരുവിന്റെ മേലെ തന്നെ വീഴണം അത്ര ആളുകളുണ്ട് നാട്ടില് അപ്പോ അങ്ങനെ ഒന്നും വിഷമിക്കണ്ട അന്ധേനൈവനീയമാന യഥാന്ത ഉപനിഷത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആരുടെയും നമുക്ക് ഗുരു ആവാനും പറ്റില്ല നമുക്ക് ആരെയും നമ്മളുടെ ഗുരുവാക്കിയിട്ട് അരഹുറയായിട്ട് വയ്ക്കേണ്ട മഹാത്മാക്കൾ എന്ത് ഇല്ല എന്നല്ല പറയുന്നത് എല്ലാ കാലത്തും ഉണ്ടാവും ജ്ഞാനികളുണ്ടാവും ജീവൻ മുക്തന്മാരുണ്ടാവും വഴി കാണിക്കാൻ കേൽപ്പുള്ളവരുണ്ടാവും ഇതുപോലെ ഒരു കപ്പലിനെ വലിച്ചുകൊണ്ടുപോവാൻ ശക്തിയുള്ള മത്സ്യങ്ങളുണ്ടാവും പക്ഷേ അത് സർവേശ്വരനായി ഘടിപ്പിച്ച് അങ്ങനെ ഒരു ഗുരുവിന്റെ ലക്ഷണം എന്താ വിമുക്തിദാഹ അതാണ് ഗുരുവിന്റെ ലക്ഷണം ഏത് ഗുരുവാണോ പോയിട്ട് നിങ്ങൾ കുറച്ചു കാലം നിങ്ങൾക്ക് സാധനയൊക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ പതുക്കെ പ്രാപിക്കും എന്ന് പറയല്ല ശരിയായ സദ്ഗുരു എന്താന്ന് വെച്ചാൽ ഗുരുവിന്റെ സന്നിധിയിലെ നമുക്ക് പൂർണ്ണത തോന്നും യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തിയാൽ സ്വാമി രാമദാസ് പറയും കാഞ്ഞങ്ങാട് രാമദാസ് സ്വാമികൾ പറയും സാധകന്മാര് രണ്ടു വിധത്തിലുണ്ടെന്നാണ് ഒരു തരത്തിലുള്ള സാധകന്മാര് നിശ്ചയിച്ചു കഴിഞ്ഞു ഈശ്വരപ്രാപ്തിയും പക്ഷെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവില്ല വേറൊരു കൂട്ടരെ അവരെ കണ്ടാൽ തന്നെ സന്തോഷമായിട്ടിരിക്കും എന്താന്ന് വെച്ചാൽ അതിന്റെ സീക്രറ്റ് എന്താണെന്ന് വെച്ചാൽ അവർക്ക് സദ്ഗുരുവിനെ കിട്ടിക്കഴിഞ്ഞു എന്നർത്ഥം അതായത് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറിയിരിക്കണ പോലെയാണ് എ സി കമ്പാർട്ട്മെന്റില് ടിക്കറ്റ് എടുത്ത് കയറിയിരുന്നു കൂപ്പയാണെങ്കിൽ അവിടുത്തെ വാർഡനോട് പറഞ്ഞിട്ട് ഇറങ്ങേണ്ട സ്ഥലമായ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മേലെ കയറി ചിലർ കിടക്കും അപ്പൊ ആ ഗംഭീരന്മാരാണ് ചിലർ ഇവിടുന്ന് ബോംബെക്ക് പോവുകയാണെങ്കിൽ എറണാകുളത്ത് കയറി അവിടെ പോയിട്ടേ ഇറങ്ങുള്ളൂ അത് ഓർമ്മ അത് ലക്ഷണമാണ് യാതൊരു വിധത്തിലും വിഷമില്ല അങ്ങനെ ഒരു ശരണാഗതി എപ്പൊ വരും ശരണാഗതി ജീവനായിട്ട് ചെയ്യണതല്ല സദ്ഗുരുവിനെ കണ്ടാൽ ശരണാഗതി ചെയ്യാതിരിക്കാൻ പറ്റില്ല അതോടുകൂടെ പരിപൂർണമായി ജീവൻ ഇല്ലാതായിട്ട് തീരും ആ ജീവന്റെ വ്യക്തിത്വം അതോടെ ക്ഷയിച്ചു പോകും അങ്ങനെ ഒരു സന്നിധി സന്നിധി എന്നാണ് പറഞ്ഞത് അതൊരു വ്യക്തിയല്ല ഒരു വ്യക്തിയല്ല സന്നിധി അത് ഈശ്വരൻ തന്നെയാണ് അങ്ങനെ ഈശ്വരൻ വഴി കാണിച്ചാലേ ഈ ജീവന് കരകയറാൻ പറ്റുള്ളൂ ഈശ്വര പ്രാപ്തി നേടാൻ പറ്റുള്ളൂ അപ്പൊ ഭഗവാൻ തന്നെ അതുകൊണ്ട് ഈ ഭക്തന്മാരുടെ നായന്മാരുടെ കഥകളിലൊക്കെ നോക്കിയാൽ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് പ്രകാശിച്ചു ഉപദേശിച്ചു എന്നൊക്കെ അവർ പാടുന്നു എല്ലാത്തിലും കാണാം അത് അവരുടെ കഥയിലല്ല ഇപ്പോഴും പല ഭക്തന്മാരുടെയും ജീവിതത്തില് അത് തെളിവാകും സർവേശ്വരൻ തന്നെ ഗുരുവായിട്ട് വന്ന് ഉപദേശിക്കും ഈ ജീവന് പക്വത വേണം ഉള്ളൂ ഗുരു ഇല്ലാന്ന് പറഞ്ഞ് ഇതുവരെ ആരും ലക്ഷ്യം പ്രാപിക്കാതെ ഇരുന്നിട്ടില്ല ഈ ജീവൻ പക്വമായാൽ ഭഗവാൻ തന്നെ സദ്ഗുരുവായി വന്ന് തത്വോപദേശം ചെയ്ത് പരിപൂർണമായ ആത്മാനുഭവത്തിന് ഈ ജീവന് കൊടുക്കും അങ്ങനെസ്വമോകൻ ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ സത്യവ്രതന് ബ്രഹ്മതത്വം ഉപദേശിച്ചു അതിനുശേഷം ഹയഗ്രീവനെ വദിച്ച് വേദത്തിനേ ഉദ്ധാരണം ചേച്ചു ഇതാണ് മത്സ്യവതാര പ്രളയ പയസിതക്തിർമുഖേയ ശ്രുതിഗണമവ പ്രത്യുപിതിജമഗയദ്യോ ബ്രഹ്മ സത്യവ്രതഹമിലഹേതു ജിംമീനം നോസ്മീ ഗോവിന്ദനാമസങ്കീർത്തനം അങ്ങനെ അഷ്ടമസ്കന്ധം അവസാനിച്ചു